ഞങ്ങളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണിത് അവർ വീണ്ടും പറയും ഇതൊരു കെട്ടിച്ചമച്ച കള്ളം മാത്രമാണ് സത്യനിഷേധികൾ സത്യം അവരുടെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു ഇതൊരു വ്യക്തമായ മാന്ത്രികവിദ്യ മാത്രമാണ്